അദ്ദേഹം പറഞ്ഞു നീ പോവുക ജീവിതകാലത്ത് എന്നെ തുടരുത് എന്ന് പറയേണ്ടിവരും നിനക്ക് നിനക്കൊരു നിശ്ചിത സമയമുണ്ട് അതൊരിക്കലും മാറ്റിവെക്കപ്പെടുകയില്ല നീ അതിൽ ഉറച്ചുനിന്ന നിന്റെ ദൈവത്തെ നോക്കൂ ഞങ്ങളതിനെ ദഹിപ്പിക്കുകയും പിന്നീട് കടലിലേക്ക് പൂർണമായും എറിഞ്ഞുകളയുകയും ചെയ്യും